കർച്ചീഫ് അപ്പോ പാക്കറ്റെന്ന് ഇടുപ്പിൽ വെച്ച് കർച്ചീഫ് വീണാ അറിയില്ലല്ലോ അതുപോലെ മരിക്കുന്ന ആൾക്ക് മരണം നാച്ചുറൽ പ്രോസസ്സാണ് അതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത് കൗമാരം കഴിഞ്ഞ് യൗവനം വന്നത് നിങ്ങൾക്കറിഞ്ഞില്ല യൗവനം കഴിഞ്ഞു വാർദ്ധക്യം വന്നത് നിങ്ങൾക്കറിഞ്ഞില്ല അതുപോലെ തന്നെ ഹേ അർജുന മരണം വരുന്നതും തനിക്ക് അറിയില്ല നാച്ചുറൽ ആയിട്ട് അത് നടക്കും ആലോചിച്ച് പേടിക്കാതിരിക്കും യൗവനത്തിൽ എനിക്ക് വാർദ്ധക്യം വരും എനിക്ക് വാർദ്ധക്യം വരും പേടിച്ചാൽ വാർദ്ധക്യം വരുമ്പോൾ വിഷമാവും നേരെ മറിച്ച് വാർദ്ധക്യം നാച്ചുറൽ ആയിട്ട് വരുന്നു ഒരുപാട് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്കാണ് എന്തൊക്കെ പേടിക്കുക ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കുക തല ഓരോ തലയായി നരച്ചു നോക്കുക പേടിക്കുക നരച്ചാൽ നരച്ചു പല്ലുപോയാ പോയി ചുളുങ്ങിയാ ചുളുങ്ങിയ ആർക്കാ വരാത്തതൊക്കെ നടക്കും അത് നമ്മളെ ബാധിക്കുന്നില്ല ചെറുപ്പത്തിൽ ഏത് ഞാനുണ്ടോ ആ ഞാൻ തന്നെയാണ് വാർദ്ധക്യത്തിലും ബാല്യത്തിൽ ഏത് ഞാനുണ്ടോ ആ ഞാൻ തന്നെയാണ് യൗവനത്തിൽ ഞാൻ എന്നുള്ള അനുഭവം ആ കേന്ദ്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലാതെ ശരീരത്തിലല്ല ദേഹത്തിലല്ല എന്റെ സെന്റർ എന്റെ സെന്റർ ഹൃദയത്തിലാണ് ഹൃദയത്തിലാണ് സെന്റർ ശരീരത്തിലല്ല അപ്പൊ ആ സെന്ററിനെ കണ്ടെത്തണം ഞാൻ എവിടെ വസിക്കുന്നു ആ കേന്ദ്രത്തിനെ കണ്ടെത്തണം ആ കേന്ദ്രം ശരീരത്തിലല്ല അത് ഹൃദയസ്ഥാനം ആണ് അപ്പൊ ആ ഹൃദയസ്ഥാനത്തിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ശരീരം ജനിക്കും ശരീരം പരിണമിക്കും ശരീരം ക്ഷയിക്കും ശരീരം മരിക്കും ശരീരത്തിൽ ഈ പരിണാമങ്ങൾ ഒക്കെ കൊണ്ട് ദേഹം ഞാനല്ല ദേഹം ഒരിക്കലും ഞാൻ എന്ന് പറയുന്നത് തന്നെയില്ല ഉണ്ടോ എവിടെയെങ്കിലും നമ്മളുടെ ദേഹം ഞാൻ എന്ന് പറയുന്നുണ്ടോ ഈ കൈ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എന്ന് പറയുമോ ഈ കൈ ആംബ്യൂട്ടേറ്റ് ചെയ്ത് എടുത്താൽ മുറിച്ചെടുത്താൽ ഈ കൈ ഞാൻ ഞാൻ എന്ന് പറയുമോ നുള്ളിയ അറിയുവോ അതിന് അതിനൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടോ കാല് മുറിച്ചെടുത്താൽ ആ കാല് പ്രത്യേക ഒരു വ്യക്തിയായിട്ട് നിൽക്കുമോ തല മാറ്റാമത്രേ ഭാഗവതത്തിൽ ദക്ഷനെ തല മാറ്റിയിട്ട് ആടിന്റെ തല വെച്ചു കൊടുത്തു എന്ന് കഥയുണ്ട് സയൻസ് ഇന്ന് പറയുന്നു അത് സാധ്യമാണെന്ന് പറയുന്നു കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തല ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വേറെ തലയൊക്കെ വയ്ക്കാം തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ വേറെ തലയൊക്കെ വയ്ക്കാം സാധ്യമാണെന്ന് പറയും എന്നുവെച്ചാൽ പുരാണങ്ങളിൽ ഋഷികൾ വെറുതെ ഒന്നും വിളഫടിച്ചില്ലായെന്നർത്ഥം തലയും ജീവസ്ഥാനൊന്നും അല്ലല്ലോ നമ്മളുടെ തലയും ജീവസ്ഥാനമൊന്നുമല്ല അതും ഒരു ജഡ കായും കാലും ഒക്കെ പോലെ തന്നെ അതുകൊണ്ടാണ് ഈ ഉറങ്ങുമ്പോ തലയിങ്ങനെ വീഴുന്നത് അത് ജീവസ്ഥാനമാണെങ്കിൽ അങ്ങനെ വീഴുവോ അതിൽ കണക്ഷൻ ഇലക്ട്രിക് കണക്ഷൻ പോകുമ്പോ വീണു അത് കണക്ഷൻ കിട്ടിയാൽ എണീറ്റ് ഇവിടുന്ന് ഹൃദയസ്ഥാനത്ത് നിന്ന് ഇവിടേക്ക് ഒരു വയർ കണക്ഷൻ ആ കണക്ഷൻ പോയാൽ അതെങ്ങനെ വീണു കണക്ഷൻ കിട്ടിയാൽ എണീറ്റു അപ്പൊ ആ തലയും ജീവസ്ഥാനമൊന്നുമല്ല ഈ ശരീരത്തിൽ ഏതംഗങ്ങളെയും മാറ്റിയാലും ഞാൻ എന്നുള്ള അനുഭവം സ്വതന്ത്രമായിട്ട് നിൽക്കും ഹൃദയശസ്ത്രക്രിയ ചെയ്യുമ്പോ സർജറി ചെയ്യുമ്പോ ഹാർട്ടിനെ കുറച്ചുനേരം പിടിച്ച് നിർത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നു ഓപ്പറേഷൻ ചെയ്ത ശേഷം കറണ്ട് പാസ് ചെയ്ത് ഇളക്കി വിടുന്നു ഞാൻ മരിച്ചില്ലാതായിട്ട് വീണ്ടും ഉണ്ടായതാണോ അല്ല അപ്പൊ നോ പാർട്ട് ഇൻ ദ ഫിസിക്കൽ ബോഡി ഈസ് ഇൻഡിസ്പെൻസബിൾ ഫോർ മൈ എക്സിസ്റ്റൻസ് പ്രാണേന അപാനേന മർത്യു ജീവത്തി കർശന ഇതരേണതു ജീവന്തി യസ്മിൻ നേതാവ് ഉപാശ്രിതൗ ഉപനിഷത്ത് പറഞ്ഞു പ്രാണൻ കൊണ്ടും അപാനൻ കൊണ്ടും അല്ല നീ ജീവിക്കുന്നത് ഏതൊന്നുള്ളതുകൊണ്ട് പ്രാണനും അപാനനും ചലിക്കുന്നുവോ അതുകൊണ്ട് ജീവിക്കും ദേഹത്തിൽ ഒരു പാർട്ട് കൊണ്ടും നമ്മൾ ജീവിക്കുന്നത് ഏതൊന്നുള്ളതുകൊണ്ട് ആ പാർട്ട് പ്രവർത്തിക്കുന്നു അത് ജീവിക്കും നാച്ചുറോപതി ഇന്ത്യൻ നാച്ചുറോപ്പതിയുടെ ഫാദർ ഓഫ് ഇന്ത്യൻ നാച്ചുറോപ്പതി എന്ന് വിളിക്കണം ആചാര്യ ലക്ഷ്മണ ശർമ്മ ആചാര്യ ലക്ഷ്മണ ശർമ്മത്തിന്റെ നേച്ചർ ക്യൂർ എന്ന പുസ്തകത്തില് അദ്ദേഹം അതല്ലാതെ സംസ്കൃതത്തിലുള്ള ഒരു കൃതി എഴുതി സ്വാധീന സ്വാസ്ഥ്യ മഹാവിദ്യ ആ സ്വാധീന സ്വാസ്ഥ്യ മഹാവിദ്യയിൽ ലക്ഷ്മണ ശർമ്മ പറഞ്ഞു ബാക്ടീരിയ വന്ന് ബാധിച്ച് ഒരു ശരീരത്തിന്റെ അംഗം കേടുവന്നതുകൊണ്ടല്ല വ്യാധി വരുന്നത് ആ അംഗത്തിൽ ചൈതന്യ പ്രസരം ഇല്ലാതാവുമ്പോ ആ അംഗം കേടുവരുന്നത് കൊണ്ടാണ് ബാക്ടീരിയ വരുന്നത് അല്ലാതെ ബാക്ടീരിയ വന്ന് ബാധിച്ച് ആ അംഗം കേടുവന്നതുകൊണ്ടല്ല വ്യാധി വരുന്നത് ചൈതന്യപ്രസരം പ്രാണപ്രസരം വേണ്ടത്ര പ്രാണപ്രസരം അവിടെ ഇല്ലാത്തതുകൊണ്ട് ആ അംഗം കേടുവരും റോട്ടിൽ എന്തെങ്കിലും ഇട്ട് കേടുവരുമ്പോ ബാക്ടീരിയ വരും നമ്മളുടെ ശരീരം തന്നെ മരിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾ കഴിയും തോറും അഴുകാൻ കേടുവരാൻ തുടങ്ങും ചെയ്യാൻ തുടങ്ങും പുതിയ സിദ്ധാന്തമാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് സകലവ്യാധികളും മാറ്റണമെങ്കിൽ ആ ചൈതന്യത്തിനെ കൂട്ടുപിടിക്കണം അല്ലാതെ ജഡം വെച്ചുകൊണ്ടുള്ള കളി കൊണ്ട് വ്യാധികളൊന്നും പൂർണ്ണമായിട്ട് മാറിക്കിട്ടില്ല അവസാനം നമ്മള് അപ്പൊ ഭക്തിയിലേക്ക് വരും അല്ലെ വെട്ട ചെയ്ത പോലെ വ്യാധിക്ക് പോലും വൈദ്യോ നാരായണോ ഹരിഹി ഔഷധം ജാഹ്നവീത്തോയം വൈദ്യോ നാരായണോ ഹരിഹി വേറെ വഴിയില്ല എന്നാണ് എല്ലാം നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ലിമിറ്റഡാണ് വൈദ്യോ നാരായണോ ഹരിഹി എന്തും കർത്തും അകർത്തും അന്യതാവാകർത്തും ശക്തനായിട്ടുള്ള ഭഗവാനെ ആത്മാവിനെ ഈശ്വരനെ കൂട്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അപ്പോ അപ്പോ ദേഹം ഞാൻ അല്ല ദേഹത്തിൽ ഒരംഗവും ഞാനല്ല ദേഹം എന്റെയുമല്ല ദേഹം എന്റെയല്ലേ ഞാനല്ല എന്നുള്ളത് സമ്മതിക്കാം എന്റെ അല്ലേ ദേഹം എന്റെ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഈ ദേഹം എന്റെ വീട് എന്റെ വീട്ടിലുള്ള പല കാര്യങ്ങളും എനിക്ക് അറിയാൻ വേണമെങ്കിൽ വിൽക്കാം റിപ്പയർ ചെയ്യാം വല്ലതും ഈ ദേഹത്തിൽ പറ്റുമോ എന്തെങ്കിലും എനിക്കിതിനകത്ത് വലതും അറിയോ രക്തം എങ്ങനെ സംക്രമണം ചെയ്യുന്നു എന്നറിയോ രാവിലെ കുടിച്ച് ചായ അപ്പൊ വയറ്റിൽ പോയിട്ട് എന്താ ചെയ്യണതെന്ന് എനിക്ക് വലതും അറിയോ ഇന്നലെ രാത്രി കഴിച്ച ആഹാരം ഇപ്പൊ എവിടെ കിടക്കണമെന്നറിയോ എന്റെ ദേഹം ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ ഇല്ല മൂന്നാമത്തെ തത്വം േണ്ടിയല്ല ഇതാണ് ആളുകൾ പലരും പറയുന്നത് പുതിയതായിട്ടുള്ളൊരു കാര്യം ദേഹം എനിക്ക് വേണ്ടിയല്ല എന്ന് വെച്ചാൽ ഈ ദേഹത്തിനെ എന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാനുള്ള ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം എനിക്കില്ല ടോട്ടലി യു ഫൈൻഡ് ദാറ്റ് യു ആർ എസ് ലൈവ് അല്ലെ ശരീരത്തിന്റെ മണ്ഡലത്തിൽ അങ്ങനെ അറിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രരാകും അതാണ് അതിന്റെ പാരഡോക്സ് നമ്മൾ ദേഹമണ്ഡലത്തിൽ അസ്വതന്ത്രരാണെന്ന് അറിയുമ്പോ ആത്മമണ്ഡലത്തിൽ തികച്ചും സ്വതന്ത്രരാകും എല്ലാ ബന്ധത്തിനും മൂലകാരണം ഈ അപരാപ്രകൃതിയെ താനെന്ന് കരുതി അതിൽ നമ്മളുടെ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുകയാണ് ഈ അപരാപ്രകൃതിയിൽ ഒരു സ്വാധീനമില്ല അപരാപ്രകൃതി സ്വപ്നമാണേ അതൊരു സ്വാപ്നിക വിജൃംഭണമാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ ദേഹം ഞാനല്ല ദേഹം എന്റെ അല്ല ദേഹം എനിക്ക് വേണ്ടിയല്ല ദേഹം നമുക്ക് ഭക്തിയുടെ ഭാവത്തിലാണെങ്കിൽ ദേഹം ഭഗവാന്റെ ദേഹം ഭഗവാന്റെയാണ് ദേഹം ഭഗവാനു വേണ്ടിയാണ് എന്ന് കരുതിയാൽ മതി കരുതിയാൽ നമ്മളിപ്പോ സ്വതന്ത്രരാകും ഈ ക്ഷണത്തിൽ നമ്മൾ സ്വതന്ത്രം നമ്മൾ ആരും കിട്ടിയിട്ടിട്ടില്ല ഈ അജ്ഞാനം മാത്രമാണ് കിട്ടിയിട്ടിരിക്കുന്നത് നമ്മളുടെ സകല ദുഃഖത്തിനും കാരണം ഈ അജ്ഞാനമാണ് ദേഹം എന്റെയാണെന്നും ദേഹം എനിക്ക് പ്രയോജനപ്പെടൂ എന്നുള്ള അജ്ഞാനം ഈ ദേഹം ഭഗവാന്റെയാണ് നിമിത്തമാത്രം ഭവസവ്യ സാചിൻ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു എന്റെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് തീരും അർജുനാണ് ഇൻസ്ട്രുമെന്റായിട്ട് തീർന്നാൽ ഇൻസ്ട്രുമെന്റിന് സ്വതന്ത്രമാണ് ഇൻസ്ട്രുമെന്റ് തോക്കുകൊണ്ട് ഒരാൾ വെടിവെച്ചു ആരെ അറസ്റ്റ് ചെയ്യും വെടിവെച്ചവനെയോ തോക്കിനെയോ വെടിവെച്ചവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിടും തോക്കിനെ ആരും ചർച്ച ചെയ്യാറേ ഇല്ല അല്ലേ അപ്പൊ ഇഫ് യു ആർ അൻ ഇൻസ്ട്രുമെന്റ് You have no doership. If you are the user, you have doership and motives. Bhagavan the kaiyil yantaram anangil i deham, deham swatantra manu. Bhagavan the kaiyil, in the name of Bhagavan the kaiyil, we have prakriti da kaiyil in the name of Bhagavan the kaiyil. ഭാഗവതത്തിൽ വരുമ്പോ അല്ലെങ്കിൽ ഭക്തിയുടെ ഭാവത്തിൽ പറയുമ്പോ ഭഗവാന്റെ കയ്യിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ബ്രഹ്മത്തിനെയാണ് നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുന്നത് പ്രകൃതിയിൽ നിന്നും വിട്ടുപോയ ഭഗവാനെ നമ്മൾ ബ്രഹ്മം എന്ന് വിളിക്കും അത്രയുള്ളൂ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോ അതിനെ ഭഗവാൻ എന്ന് വിളിക്കുന്നു പ്രകൃതിയില്ലാതെ ശുദ്ധമായ ചൈതന്യം മാത്രമാവുമ്പോ അതിനെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു അത്രയുള്ളൂ നമുക്കിപ്പോ പ്രകൃതിയിലാണല്ലോ നിൽക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഭഗവാൻ മുഖ്യമാവുന്നു അപ്പൊ ഭഗവാന്റെ ആണ് ദേഹം ഭഗവാൻ പ്രവർത്തിക്കുന്നു ഭഗവാൻ വേണ്ടി എന്ന് വന്നാൽ നമ്മൾ സ്വതന്ത്രനാവും അപ്പൊ ശരീരം ഞാനല്ല എന്നുള്ളത് പ്രോമിനൻസ് ശരീരം എന്റെ അല്ല എങ്ങനെ വന്നു എനിക്ക് അറിയില്ല ഇതെങ്ങനെ എനിക്ക് സിദ്ധിച്ചു എന്നറിയില്ല പെട്ടെന്ന് ജനിച്ചു വളർന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഐ സി ദൈ ഹ് എ ബോഡി ഇറ്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു മൈ ചോയ്സ് മറ്റ് അതുകൊണ്ടാണ് അവരെയും വരെയും ഒക്കെ നോക്കിക്കൊണ്ടേ ആളുകൾ അവരെ മാതിരി ഇരുന്നാൽ എത്ര നന്നായിരുന്നു എത്ര ഭംഗി അവരെ മാതിരി ഇരുന്നാൽ എത്ര നന്നായിരുന്നു സകല ആളുകൾക്കും ആഗ്രഹം വയസ്സായ ആളുകൾക്ക് ചെറുപ്പക്കാരാവണം ചെറുപ്പക്കാർക്ക് വേറെ ആരെയോ കണ്ട അവരെ പോലെ ആവണം എന്താന്ന് വെച്ചാൽ ആവാനുള്ള choice. ഉണ്ടായിരുന്നുവെങ്കിൽ ആവാമായിരുന്നു ദർ ഇസ് നോ ചോയ്സ് യു ആർ ഗിവൺ വിത്ത് എൻ ഇൻസ്ട്രുമെന്റ് വിത്ത് വിത്ത് വിത്ത് വിച്ച് യു ഹാവ് ടു ലിവ് അപ്പോ നോക്കണം സൂക്ഷ്മമാണ് ഈ ജ്ഞാനം നമുക്ക് തെളിഞ്ഞാൽ നമ്മൾ ഇവിടെ സ്വതന്ത്രരാകും അപ്പൊ ഈ ദേഹം എന്റെ അല്ല എനിക്ക് കിട്ടി എന്റെ ഇഷ്ടത്തിന് എന്ന് വെച്ചാൽ എന്റെ ഉള്ളിലുള്ള ഡിസെയറിന് അനുസരിച്ച് അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല മറിച്ച് പ്രാരബ്ദത്തിനനുസരിച്ച് അത് നടക്കും ആ പ്രാരബ്ദത്തിനെ നമ്മൾ എന്തു പറയണു ഈശ്വരേച്ഛ എന്ന് പറഞ്ഞു നമുക്കറിയാത്തതിന് നമുക്കതല്ലേ വാക്കു അല്ലേ ഈശ്വരേച്ഛ ദശരഥൻ വിചാരിച്ചു രാമനെ പട്ടാഭിഷേകം ചെയ്യണം രാമനെ വിളിച്ച് പറഞ്ഞപ്പോ രാമനും അക്സെപ്റ്റഡ് പക്ഷെ രാമനീനവും ഉണ്ടായിരുന്നതുകൊണ്ട് അടുത്ത ദിവസം അന്ന് രാത്രി പ്രാരബ്ദം വർക്ക് ചെയ്തു ആരുടെ ബ്രെയിനിൽ മന്ധരയുടെ ബ്രെയിനിൽ അല്ലേ മന്ധരയുടെ ബ്രെയിനിൽ നമ്മളൊക്കെ മന്ധരയെ പറയും മന്ധര ആരാ ചമ്പു രാമായണത്തിൽ പറയുന്നു മന്ധര ദേവന്മാർ സ്പെഷ്യലായിട്ട് മാനുഫാക്ചർ ചെയ്തൊരു പ്രോഡക്റ്റ് ആണെന്നാണ് എന്ന് വെച്ചാൽ ഇവളില്ലെങ്കിൽ രാമായണ കഥയെ നടക്കില്ല അപ്പൊ അവളുടെ ബ്രെയിനിൽ രാമന്റെ പ്രാരബ്ധം പ്രവർത്തിച്ചു കഥ ടേണായി ടേണായപ്പോ രാമൻ ലക്ഷ്മണനോട് പറയുന്നു ലക്ഷ്മണ ഇതാണ് ജീവിതം അസങ്കൽപിതമേവ ഏതകസ്മാത് പ്രവൃത്തതെന്നാണ് നമ്മൾ സങ്കല്പിച്ചതൊന്നായിരിക്കും പ്രവർത്തിക്കുന്നത് വേറെ എന്തോ ആയിരിക്കും അത് ആ ഈശ്വരേച്ഛ എന്ന് വിളിക്കാം പ്രാരബ്ധം എന്ന് വിളിക്കാം വിധി എന്ന് വിളിക്കാം എന്ത് വിളിച്ചാലും ശരി യു ഹാവ് നോ ചോയ്സ് അതർ ദാൻ ദാറ്റ് യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ് സ്വീകരിക്കുകയേ വഴിയുള്ളൂ അപ്പൊ ഈ ദേഹത്തിന്റെ മണ്ഡലത്തിൽ അപ്പൊ ഇതെന്തിനും നടന്നു രാമന്റെ കഥയിൽ രാമൻ ഈ ചോദ്യം ചോദിക്കാൻ എന്തിനെന്റെ ജീവിതത്തിൽ നടക്കണം വിഷമം വിഷമം വിഷമം സ്വീകരിച്ചില്ലെങ്കിൽ ദുഃഖിച്ചുകൊണ്ടേയിരിക്കണം അവസാനം കാണുമ്പോൾ മനസ്സിലാവുന്നു ആ ഒരു ഇൻഡിവിജ്വലിന്റെ ജീവിതം പ്രപഞ്ചത്തിന് മുഴുവൻ വേണ്ടിയിട്ടാണ് രാവണവധവും മറ്റു കാര്യങ്ങളും എത്രയോ അനുഗ്രഹവും ഒക്കെ ശരീരം കൊണ്ട് നടക്കേണ്ടിയിരുന്നു ആർക്കു വേണ്ടി വേണ്ടി നടന്നു ചോദ്യം ചോദിച്ചാൽ നമുക്കൊന്നും നമ്മളുടെ ജീവിതത്തിൽ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കണം കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം അതായത് കർമ്മം ചെയ്യണം എന്ന് വെച്ചാൽ എതിർച്ചയാ എന്ത് വരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കണം ആലോചിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല പ്ലാൻ ചെയ്തുകൊണ്ട് നിന്നാൽ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ കൂടെ നടക്കേണ്ടത് നടക്കും കോൺഫ്ലിക്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഉള്ളില് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കട്ടെ അത് ഈശ്വരേച്ഛ ഈ ശരീരം പ്രവർത്തിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല പ്രകൃതി ഭഗവാൻ അതിനെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നു അതിന്റെ എഫക്റ്റ് എന്തോ ആവട്ടെ എങ്ങനെയോ ആവട്ടെ അതൊന്നും എനിക്കറിയില്ല കാരണം അതെന്തിനു വന്നു എന്നുള്ളത് എനിക്കറിയ നമ്മളുടെ വീട്ടിലൊരു കുട്ടി ജനിക്കണു ആ കുട്ടി എന്ത് ചെയ്യാമോ നമുക്ക് നാളെ അറിയോ അതേപോലെ തന്നെ നമ്മളുടെ ശരീരമാവുന്ന തടിയും ഇന്നീ കണ്ട തടിക്ക് വിനാശവും എന്നറിഞ്ഞില്ല അല്ലെ ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ഈ തടിക്ക് വിനാശം എന്നാണെന്നും അറിഞ്ഞില്ല അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഈ തടി ഞാനല്ല എന്നറിയണം എന്റെ അല്ല എന്നറിയണം എനിക്ക് വേണ്ടി അല്ല എന്നും അറിയണം ഇതാദ്യത്തെ സ്റ്റെപ്പ് പിന്നെ ഈ തടി ഈ ദേഹം ഈ ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു അന്തഃക്കരണം എന്ന് നമ്മൾ പറയുന്നു ആ അന്തഃക്കരണമാണ് നമ്മളെ വിഷമിപ്പിക്കണത് അല്ലേ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം മനസ്സും ബുദ്ധിയും അഹങ്കാരവും നമുക്ക് ഇപ്പൊ ഉള്ളിലും നോക്കിയാൽ കാണാം ഇപ്പൊ കണ്ണടച്ചാൽ നമുക്ക് കാണാം അനേകം വിചാരങ്ങൾ വരുന്നു ചീത്ത വിചാരങ്ങൾ പൊന്തി വരുന്നു അപ്പൊ ബുദ്ധി പറയണു അയ്യേ ചേ ഇവിടെ ഇരുന്ന് ഇതൊന്നും വിചാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അത് ബുദ്ധി ആ വിചാരിക്കണത് മനസ്സ് സങ്കല്പിക്കണത് മനസ്സ് ഇത് പാടില്ല എന്ന് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുന്നത് ബുദ്ധി അതിൻ്റെ ഇടയിൽ എനിക്കിങ്ങനെയൊക്കെ വരണമല്ലോ എന്ന് പറയണത് അഹങ്കാരം ഇതാണ് മനോബുദ്ധി അഹങ്കാരം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സത്സംഗത്തിൽ എന്തോ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് മെനക്കെട്ട് ഇരിക്കണു അങ്ങനെ ഇരുന്ന് ഒന്നും മനസ്സിലാവണില്ല ഉറങ്ങി ഇങ്ങനെ പോയാൽ ആ ബെഡ് ഫ്രം വേർ ദ മൈൻഡ് എറോസ് നമ്മൾ ഉറക്കം എന്ന് പറയണമല്ലോ ഉറക്കം വളരെ സൂക്ഷ്മമായ ഒരു കാര്യമാണ് ഈ ഉറക്കത്തിനെയാണ് കാരണശരീരം എന്ന് പറയുന്നത് ഉറക്കത്തിനെ കാരണശരീരം ശരീരത്തിന് കാരണം അതാണ് ഈ ശരീരത്തിന് കാരണം കഴിഞ്ഞ ജന്മത്തിലെ ഉറക്കമാണ് അടുത്ത ജന്മത്തിലെ ശരീരത്തിന് കാരണം ഈ ജന്മത്തിൽ ഉണ്ടാവുന്ന ഉറക്കമാണ് ഉറക്കം എന്താണ് വെച്ചാൽ നമ്മൾ ഇന്ന് പല പ്രവർത്തികളും ചെയ്യുന്നു അല്ലെ പ്രവൃത്തിയുടെ ഫലമോ വാസനകളോ ഒന്നും നമുക്കിപ്പോ അറിയണില്ല നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്താവും എന്ന് വെച്ചാൽ ഇതൊക്കെ ഈ കാരണ ശരീരത്തിൽ പോയി അടിഞ്ഞുകൂടും അവിടെ നമ്മളുടെ സ്വസ്വരൂപത്തിനെ മറച്ചുകൊണ്ട് ഒരു ഡാർക്ക്നെസ് ഇരുട്ട് ഫോം ആകും ഒരു പടലം ഫോമാകും ഒക്കെ അവിടെ ശേഖരിച്ചു വയ്ക്കും അതാദ്യം സൂക്ഷ്മ ശരീരത്തിൽ കടക്കും പിന്നീട് കാരണ ശരീരമാവും അതുകൊണ്ട് ചെറിയ കുട്ടികളിൽ ജനിക്കുമ്പോ കാണാം ഇരുപത് മണിക്കൂറൊക്കെ ഉറങ്ങും എന്താന്ന് വെച്ചാൽ ബാഗ് ഫുള്ളാണെ വലിയൊരു ബാഗാണോ ഇരുപത് മണിക്കൂർ ഉറങ്ങും അതിന് സയന്റിഫിക്കായിട്ട് ചോദ്യം ചോദിച്ചാൽ എന്ത് പറയും അവരുടെ ബോഡി എലമെന്റ്സ് ഒക്കെ വളരാനുണ്ട് അതുകൊണ്ട് പ്രകൃതി ടൈം എടുക്കുകയാണ് അവരെ ഉറക്കിയിട്ട് വളർത്തുകയാണെന്ന് പറയും ഇറ്റ് ഓൺലി പ്രൂവ്സ് ദാറ്റ് ഓൾ ദീസ് എലമെന്റ്സ് ആർ മാനിഫെസ്റ്റിങ് ഉള്ളിലുള്ളത് പുറമേക്ക് മാനിഫെസ്റ്റ് ആവുന്നു എന്ന് വെച്ചാൽ ഉള്ളിലൊക്കെ ഉണ്ട് വലിയൊരു ബാഗ് കൊണ്ടുവന്ന് ഓരോന്നായ എടുത്ത് പുറത്തു വെക്കണം കാരണ എന്താ വലിയൊരു ബാഗ് ഈ കുട്ടിക്ക് വയസ്സാവും തോറും ഉറക്കം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും ഒരു മിഡിൽ ഏജ് ആകുമ്പോൾ അഞ്ചു മണിക്കൂർ ആറു മണിക്കൂറാവും അതേസമയം സൂക്ഷ്മ ശരീരം വളർന്നു വളർന്നു വരും രണ്ടോ കുട്ടികൾക്ക് ഈ മൈൻഡ് നമ്മൾ പറയുന്ന മൈൻഡ് അധികവും ഉറങ്ങും സുഖമായിട്ട് ധാരാളം ഉറങ്ങും അത് കഴിഞ്ഞാൽ ഈ രണ്ട് സ്റ്റേജേ അധികമായിട്ടുള്ളൂ വലുതാവും തോറും സ്വപ്നം എന്ന് പറയുന്ന മനോരഥം എന്ന് പറയുന്നത് വളർന്നു വരും സൂക്ഷ്മ ശരീരം വയസ്സായി കഴിയുമ്പോ എന്താവും കാരണശരീരം വളരെ തിന്നാവും കാരണശരീര ഹ്രാസമാണ് വളരെ തിന്നാവും അതുകൊണ്ട് ഉറക്കമേയില്ല ഈ എപ്പോഴും ചിന്ത ചിന്ത ചിന്ത വൃദ്ധസ്താവ ചിന്താസക്ത വയസ്സാവുമ്പോൾ ഉറക്കം കുറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ നാച്ചുറൽ വയസ്സാവുമ്പോൾ ഉറക്കം വന്നില്ലല്ലോ എന്ന് വിഷമിക്കേ വേണ്ട വാർദ്ധക്യത്തിൽ ഉറക്കം വന്നിട്ടില്ലെങ്കിൽ ജപിച്ചുകൊണ്ടിരിക്കുക ധ്യാനിച്ചുകൊണ്ടിരിക്കുക മനസ്സിലെ വിചാരങ്ങളെ കുറയ്ക്കുക കഴിയുന്നതും ഉറക്കം വരണം എന്നില്ല ഉറക്കം വരാത്തതുകൊണ്ട് നമ്മൾ ക്ഷീണിക്കില്ല ഉറക്കം വന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്നത് കൊണ്ട് ക്ഷീണിക്കും നേച്ചർ തന്നെ അങ്ങനെ നമ്മളെ വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് വാർദ്ധക്യത്തിൽ ഉറക്കം വേണ്ട വളരെ കുറഞ്ഞു പോവും അപ്പൊ സൂക്ഷ്മശരീരം പെരുത്തിരിക്കും ഈ സൂക്ഷ്മശരീരമൊക്കെ അടുത്ത ജന്മത്തിൽ വീണ്ടും കാരണശരീരമായിട്ട് തീർന്ന് ധാരാളം ഉറങ്ങും നമ്മൾക്ക് ഇപ്പൊ ധ്യാനിക്കാനിരിക്കുകയാണെങ്കിൽ ദേഹം ഞാനല്ല എന്ന് പറഞ്ഞു മനസ്സ് അന്തർമുഖമായാൽ ഉള്ളിൽ മനസ്സ് ബുദ്ധി അഹങ്കാരം കാണും പിന്നീട് ഈ ഇരുട്ടിന്റെ പടലമായ ഉറക്കം നിദ്രയും കാണും ലയവും വിക്ഷേപവും ഇതിനാണ് പറഞ്ഞത് ലയം ആ ഉറക്കമാണ് വിക്ഷേപം ഉള്ളിലുള്ള ചിത്തവൃത്തികളാണ് ഇതും ഞാനല്ല ഇപ്പൊ ദേഹം ഞാനല്ല എന്ന് പറഞ്ഞോ ഇനി അതുക്കെ ഇൻ ദ ഇന്നർ ഏരിയ മൈൻഡ് ഈസ് ഓൾസോ നോട്ട് മീ ഈ ദേഹം ഞാനല്ല മനസ്സ് ഞാനല്ല പൊന്തി അസ്തമിക്കുന്ന അഹങ്കാരമുണ്ട് അല്ലെ മനസ്സില് ഞാൻ എന്ന് പറഞ്ഞൊന്ന് വരുന്നു ഞാൻ പോകുന്നു ഉറക്കത്തിൽ ഞാനില്ല പോയി ഹങ്കാരം അസ്യൂമാണ് അല്ലേ ഒരു ഡോക്ടറായിട്ടുള്ള ആള് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വളരെ ഗൗരവമാവും ഞാൻ ഡോക്ടർ എന്നുള്ള ഭാവം അദ്ദേഹത്തിന് അവിടെ പോകുന്നവരൊക്കെ അദ്ദേഹത്തിനെ നമസ്കരിക്കും സല്യൂട്ട് ചെയ്യും അതേ ആൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ വളരെ വിനയമായിട്ട് അവിടെ ഡോക്ടറായിട്ടുള്ള അയാൾ വരുന്നത് വേറെ ആളായി യു ഹാവ് അസ്യൂംഡ് ദാറ്റ് യു ഹർ ഡോട്ടി ഭക്തൻ അപ്പൊ ഭക്തനായപ്പോൾ എനിക്കിവിടെ സ്ഥാനമില്ല ഞാൻ പോയി ഇവിടെ പ്രഭാഷണം ചെയ്യുമ്പോ ഒരു ഭാവത്തിലിരിക്കും ഞാൻ തന്നെ പച്ചക്കറി വാങ്ങാൻ കടയിൽ പോയാൽ അവിടെ പ്രഭാഷണം ചെയ്യുന്ന ആളായിട്ട് നിൽക്കാൻ പറ്റുമോ അയാൾക്ക് വല്ലതും അറിയോ ഇറ്റ് ഇസ് ഓൺലി അസ്യൂ ഇവിടെ അപ്പൊ അഹങ്കാരം ഉദിക്കുകയും മാറുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്യുന്നു അത് സത്യമല്ല അപ്പൊ മനോ ബുദ്ധി അഹങ്കാര് പിന്നെന്തുണ്ട് ചിത്തം ഉറക്കം ഉറക്കത്തിൽ കാണപ്പെടുന്ന കാരണ ശരീരം ഷിത്താനി നാഹം ഇതൊക്കെ വന്നും പോയും കൊണ്ടിരിക്കുന്നതാണ് മനസ്സും ബുദ്ധിയും അഹങ്കാരവും നമുക്ക് നമ്മളുടെ ഉള്ളിലും കാണുന്നു സ്വപ്നത്തിലും കാണുന്നു പക്ഷേ അത് സുഷുപ്തി അവസ്ഥയിൽ ഇല്ല ഉറക്കം സ്വപ്നത്തിലില്ല സ്വപ്നം ഉറക്കത്തിലില്ല ം ജാഗ്രത്തിലില്ല ജാഗ്രത്വ ഉറക്കത്തിലില്ല അപ്പൊ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്നവസ്ഥകളും വരികയും പോവുകയും ചെയ്യുന്നതാണ് അല്ലേ നമ്മളുടെ അനുഭവമാണ് പ്ലീസ് ലുക്ക് ഇൻ യുവർ സെൽഫ് ചിന്തിച്ചു മനസ്സിലാക്കുക നിങ്ങളുടെ നോക്കുക ഇപ്പൊ നിങ്ങൾ ഉണർന്നിരിക്കുന്നു രാത്രി ഉറങ്ങുന്നു സ്വപ്നം കാണുന്നു സുഖമായി ഈ മൂന്നവസ്ഥകളിലാണ് നമ്മളുടെ ജീവിതം മുഴുവൻ പക്ഷേ ജാഗ്രത അവസ്ഥയിൽ സ്വപ്നമോ സുഷുപ്തിയോ ഇല്ല സ്വപ്നാവസ്ഥയിൽ ജാഗ്രതോ സുഷുപ്തിയോ ഇല്ല സുഷുപ്തി അവസ്ഥയിൽ ജാഗ്രതവും സ്വപ്നവും ഇല്ല പക്ഷെ ഈ മൂന്നവസ്ഥയിലും കോമൺ ആയിട്ട് ആരുണ്ട് ആരുണ്ട് ഞാനുണ്ട് ഉണർന്നിരിക്കുന്ന ഞാൻ തന്നെയാണ് സ്വപ്നം കണ്ടത് സ്വപ്നം കണ്ട ഞാൻ തന്നെയാണ് സുഖമായി ഉറങ്ങിയത് ഉറങ്ങിയ ഞാൻ തന്നെയാണ് സ്വപ്നത്തിലും സുഷുപ്തിയിലും ജാഗ്രത്തിൽ ശരീരം ഉണ്ടായിരുന്നു മനസ്സുണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു സ്വപ്നത്തിൽ ശരീരം ഉണ്ടായിരുന്നില്ല മനസ്സ് മാത്രം പ്രവർത്തിച്ചു ഞാൻ ഉണ്ടായിരുന്നു സുഖമായി ഉറങ്ങിയ സുഷുപ്തി അവസ്ഥയിൽ ശരീരവും ഉണ്ടായിരുന്നില്ല മനസ്സും ഉണ്ടായിരുന്നില്ല ഞാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ ദേഹവുമല്ല മനസ്സുമല്ല ഉറക്കവുമല്ല അല്ലേ ഇതൊക്കെ ഞാനാകുന്ന ഒരു സ്ക്രീനിൽ വന്നുപോകുന്ന സിനിമകളാണ് ഞാൻ ആകുന്ന ഒരു അധിഷ്ഠാനത്തിൽ ജാഗ്രത അവസ്ഥ എന്നൊരു സ്റ്റേറ്റ് വരുന്നു എനിക്ക് കൺട്രോളില്ല രമണ മഹർഷിയോട് Talks with Ramana Maharshi. Maharshi answers intellectual plane മഹർഷിയിൽ മഹർഷിയുടെ mental plane ഇന്റലക്ച്വൽ പ്ലെയിനിലോ ഉണ്ടാവില്ല മെന്റൽ പ്ലെയിനിലോ ഉണ്ടാവില്ല അങ്ങനെ Answers ok. തുപ്പുന്ന പോലെയാണ് ആൻസേഴ്സൊക്കെ ഒന്നും സംശയത്തിന് ഇടവെക്കാത്ത വിധത്തിലാണ് ഒരാള് ചോദിച്ചു Swami how sleep overpowers us? ജസ്റ്റ് ആസ് വേക്കിംഗ് സ്റ്റേറ്റ് ഓവർ പവേഴ്സ് യു എന്ന് പറഞ്ഞു ഉറക്കം എങ്ങനെയാണ് നമ്മളെ കടന്നാക്രമിക്കണതെന്ന് ചോദിച്ചപ്പോ മഹർഷി പറഞ്ഞ ഉത്തരം ഉണർവ് ജാഗ്രത അവസ്ഥ നിങ്ങളെ കടന്നാക്രമിക്കണ പോലെ തന്നെ ഉറക്കം എന്തോ ഒരു വേറെ അവസ്ഥയും ഇത് ഉണർന്നിരിക്കുന്നതൊരു ഉണർന്നിരിക്കുന്ന അവസ്ഥയും നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഉറങ്ങിപ്പോകും ഉറക്കവും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഉണർന്നു പോകും പക്ഷെ ഈ മൂന്നും നമ്മളിൽ വന്നു പോകുന്നു ഇതിനു പുറകിൽ യഥാർത്ഥമായ ഞാൻ ഒളിഞ്ഞുകിടക്കുന്നു ആ ഞാനിനെ കണ്ടെത്തുന്നതാണ് സാക്ഷാത്കാരം സിനിമ കാണുമ്പോ സ്ക്രീനിനെ നമ്മൾ മറന്നുപോകും സിനിമയിൽ തീപിടിക്കും മഴ പെയ്യും യുദ്ധം നടക്കും ഒന്നും സ്ക്രീനിനെ സ്പർശിക്കണില്ല സിനിമയിൽ കല്യാണവും നടക്കും മരണവും നടക്കും സ്ക്രീനിനെ ഒന്നും സ്പർശിച്ചിട്ടില്ല അതുപോലെ ഈ ജാഗ്രത അവസ്ഥയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എന്തൊക്കെ തന്നെ സംഭവിക്കുകയാണെങ്കിലും ഇതൊന്നും യഥാർത്ഥമായ ഞാനിനെ അഹംബോധത്തിനെ ആത്മാവിനെ സ്വസ്വരൂപത്തിനെ സ്പർശിക്കുന്നതേയില്ല അത് മേഘമാകാശത്തിനെ സ്പർശിക്കാത്ത പോലെ ഇരുട്ടും വെളിച്ചവും പൊടിപടലങ്ങളും ആകാശത്തിനെ സ്പർശിക്കാത്ത പോലെ ഞാൻ എന്നുള്ള അനുഭവത്തിനെ ഞാൻ എന്നുള്ള എന്റെ അനുഭവത്തിനെ യഥാർത്ഥ സ്വരൂപത്തിനെ യാതൊന്നും സ്പർശിക്കുന്നില്ല ആ ഞാൻ എന്നുള്ള അനുഭവം അതിനാണിവിടെ ശിവം എന്ന് പറഞ്ഞത് മനോബുദ്ധി അഹങ്കാര ചിത്താനീ നാഹം ന്രോത്രജിഹേ നാണനേത്രേ ന്യോമഭൂമിർ തേജോ നായു ചിദാനന്ദ ശിവോഹം ശിവോഹം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം മനസ്സ് ബുദ്ധി അഹങ്കാരം എന്ന് വെച്ചാൽ സ്വപ്നത്തിൽ കാണുന്നു ചിത്തം സുഷുപ്തിയിൽ കാണുന്നു ഇത് മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം എന്നുള്ളതുകൊണ്ട് അന്ധഃകരണത്തിനെ നിഷേധിച്ചു നച്ച ശ്രോത്ര ജിഹ്വേ ശ്രോത്രം ജിഹ്വ ഘ്രാണം നേത്രം ഇത് പഞ്ച ഇന്ദ്രിയങ്ങൾ രസന ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളെ അറിയുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചും ഞാനല്ല ഉപസ്ഥൂ നച്ച ശ്രോത്രജിഹ്വേ നച്ച ഗ്രാണനേത്രേ നച്ച വ്യോമഭൂമി ആകാശമോ ഭൂമിയോ ജലമോ പഞ്ചഭൂതമയമായ ശരീരവും ഞാനല്ല അപഞ്ചീകൃതമായ മനസ്സ് ബുദ്ധി അഹങ്കാരം മുതലായിട്ടുള്ളത് ഞാനല്ല ഇതൊക്കെ ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ തള്ളാനും കൊള്ളാനും കഴിയാതെ ഒന്നു ബാക്കി നിൽക്കും സവൈന ദേവാസുര മർത്യതിര്യങ് സ്ത്രീ പുമാൻ നോ നു നായം ഗുണഹ കർമ്മ ന സന്ന ജാധ നിഷേധ ശേഷോ ജയതാത് അശേഷ ഭാഗവതത്തിൽ ഗജേന്ദ്ര സ്തുതി എല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കാൻ കഴിയാതെ യാതൊന്നു ബാക്കി നിൽക്കുമോ അത് പൂർണ വസ്തുവാണ് ആ പൂർണവസ്തുവാണ് ഞാൻ അതിൽ കൂടുതലില്ല കുറവില്ല അവിടെ ഡസ്റ്റിനിക്ക് സ്പർശമില്ല അവിടെ വിധി സെൽഫ് എഫേർട്ട് എന്നുള്ള ക്വസ്റ്റിനെ ഇല്ല അത് പൂർണ്ണമാണ് ആ പൂർണത്തിൽ രണ്ടാമതൊരു വസ്തു ഇല്ല അവിടെ പ്രവർത്തിക്കാൻ അതാണ് എന്റെ യഥാർത്ഥ സ്വരൂപം തദേകോവശിഷ്ട ശിവ കേവലോഹം ശിവോഹം ശിവോഹം ശിവോഹം ശിവോഹം മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നോത്ര ജിഹ്വേ ശ്രോത്രമോ ചെവിയോ ഞാനല്ലെവിയോ നാവോ ഞാനല്ല ന ച ഗ്രാണനെത്രേം മൂക്കോ കണ്ണോ ഞാനല്ല നോമ ഭൂമി ദേഹം ഞാനല്ല അതാണ് വ്യോമ ഭൂമി എന്ന് പറഞ്ഞത് പഞ്ചഭൂതം ഞാനല്ല തേജോ വായുഹു വ്യോമം ഭൂമി തേജസ് വായു അതിലൊന്നു മാത്രം വിട്ടുകഴിഞ്ഞു നോമ ഭൂമി തേജോ ന വായുഹു വെള്ളം വിട്ടുകഴഞ്ഞു എന്നാലും പഞ്ചഭൂതങ്ങളൊക്കെ അതിലടങ്ങി ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം ചിതാനന്ദം ചിത്ത് ചിത്ത് എന്ന് വെച്ചാൽ ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവമാണ് ചിത്ത് നമ്മളുടെ എല്ലാ ആനന്ദവും അതിൽ വരുന്നത് ഇന്നലെ പറഞ്ഞ ഉദാഹരണം മിനിയാന്ന് പറഞ്ഞു കൊഴക്കട്ട കൊഴക്കെട്ടയിൽ മാവിലല്ല സ്വാദ് പൂർണ്ണത്തിലുള്ള സ്വാദ് മാവിലൂടെ വരുന്ന പോലെ ഞാൻ എന്ന ചിത്തിന്റെ സ്വാദ് ശരീരത്തിലും ിയങ്ങളിലൊക്കെ കാണുന്നത് കൊണ്ട് നമുക്ക് ഇന്ദ്രിയങ്ങളിലൊക്കെ സുഖം തോന്നുന്നു നാവിൽ ഇത്തിരി പഞ്ചസാര ഇടുമ്പോ സ്വാദ്ണ്ട് നാവിനിലാണോ ആ സ്വാദ് അങ്ങനെയാണെങ്കിൽ നാവിനെ മുറിച്ചിട്ട് പായസത്തിൽ മുക്കൂ സ്വാദ് അറിയുവോ നാവ് ഇവിടെ ചേർന്ന് നിൽക്കുമ്പോ സ്വാദ് എവിടുന്ന് വന്നു വേറെ എവിടുന്നോ ഒരു കേന്ദ്രത്തിൽ നിന്നും വന്നു ജഡരീരത്തിന്റെ നാവിൽ ലഡുവിട്ടാൽ രുചിക്കുവോ ഇല്ല കാരണമെന്താ യഥാർത്ഥത്തിൽ രുചി ആത്മാവിന്റെയാണ് ദർശനം ആത്മാവിന്റെയാണ് ശ്രവണം ആത്മാവിന്റെയാണ് എല്ലാ ആനന്ദാനുഭവങ്ങളും ആത്മാവിന്റെയാണ് ആത്മാ ഇല്ലെങ്കിൽ ദേഹത്തിനൊന്നും അനുഭവിക്കാൻ പറ്റില്ല ആത്മാന്ന് പേര് ചിത്ത് ഇപ്പൊ നമുക്കൊക്കെ അനുഭവം ഉണ്ട് ഞാനുണ്ട് എന്നുള്ള അനുഭവം ചിത്ത് ആനന്ദം നുഭവിക്കണമെങ്കിൽ ആ ചിത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങണം ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ശ്രദ്ധയെ ആ ചിത്തിലേക്ക് തിരിക്കണം ഞാൻ ആരാണ് അതിന് ആത്മവിചാരണം ചെയ്യണം ഞാൻ ആരാണ് ഞാൻ എന്താണ് ധ്യാനിക്കാനിരിക്കാനാണ് ഈ മന്ത്രം ശ്ലോകമേ ഞാൻ ദേഹമല്ല മനസ്സ് ബുദ്ധി അഹങ്കാരമല്ല പിന്നെ ഞാൻ ആരാണ് പതുക്കെ ചോദിക്കും കുറെ ദിവസം നമ്മൾ കിണഞ്ഞു ശ്രമിച്ചാൽ കുറെ കഴിയുമ്പോൾ ഈ ചോദ്യത്തിന് ജീവൻ വയ്ക്കുള്ളിൽ ഞാൻ ആരാണ് ഞാൻ ആരാണ് ഞാൻ എന്താണ് എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോ നമ്മൾ ചോദിക്കുക അഹങ്ക ഈ ആത്മവിചാരം ചെയ്യാൻ ഒരു ക്ലൂ ആണ് അഹങ്കാരം അഹം സ്ഫൂർത്തി അഹം ബോധം മൂന്ന് മണ്ഡലത്തിലാണ് നമ്മളുടെ ഈ ധ്യാനം ആത്മവിചാരം പുരോഗമിക്കുക നമ്മൾ ആദ്യം പിടിക്കേണ്ടത് അഹങ്കാരത്തിനെയാണ് അഹങ്കാരമേ നമുക്കറിയുള്ളൂ അഹംസ്ഫൂർത്തി എന്ന് പറയുന്നത് ഭാവമണ്ഡലമാണ് അവിടെയാണ് ഈ ഭക്തി ഒക്കെ ഉണ്ടാവുന്നത് നമുക്ക് ഭാവമണ്ഡലമാണ് ചിദ്വിലാസം എന്നൊക്കെ യോഗികൾ പറയും ഭാവമണ്ഡലം ആ ഭാവമണ്ഡലത്തിനെ അഹംസ്ഫൂർത്തിയെ തന്നെയാണ് രാധ എന്നും പാർവതി എന്നും സീത എന്നും ഭഗവാന്റെ ധർമ്മപത്നിയായിട്ട് വാമഭാഗമായിട്ട് പറഞ്ഞിരിക്കും അത് അടുത്തു നിൽക്കുന്നു ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നു ആ ചിദ്വിലാസ ശക്തി ഹ്ലാദിനീ ശക്തി ീശ്വരന്റെ അടുത്ത് നിൽക്കുന്ന വിദ്യാശക്തിയാണ് ഈ അഹംസ്ഫൂർത്തി പക്ഷെ ഇപ്പൊ നമുക്ക് അഹംസ്ഫൂർത്തിയെ അറിയില്ല അഹങ്കാരം ജീവനാണ് ആ ജീവബോധം നമുക്ക് പിടിക്കണം എപ്പോ പിടിക്കാം ഇപ്പോ നിങ്ങളെ വീട്ടിൽ പോയി വീട്ടിൽ പോയ ഉടനെ വീട്ടില് നിങ്ങൾ പ്രഭാഷണത്തിന് പോകുന്നത് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ നടക്കണു അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി ആരെങ്കിലും ചീത്ത പറയുകയാണെങ്കിൽ അയ്യോ എന്നെ ഇങ്ങനെ പറയണമല്ലോ എന്നെ ഇങ്ങനെ പറഞ്ഞുവല്ലോ എന്നെ എന്നെ എന്നെ എന്നേന്ന് തോന്നും അപ്പൊ നമുക്ക് കാണാം ഈ അഹം വൃത്തി എന്താണെന്ന് കാണാം അഹം വൃത്തിയെ നമുക്ക് നമ്മളുടെ ഉള്ളിൽ കാണാൻ കഴിയും ആരെങ്കിലും ഒക്കെ നമ്മളെ ചീത്ത പറഞ്ഞു ഉടനെ കാണാം ഇവിടെ യു വിൽ സി എ വൈബ്രേഷൻ എന്നെ പറഞ്ഞു എന്നെ പറഞ്ഞു അതിലടച്ച ഉള്ളിലിരിക്കെ പറഞ്ഞു എന്നെ പറഞ്ഞു എന്നെ ഇങ്ങനെ പറയാൻ പാടുവോ എന്നൊന്നും പോരുത് എന്നെ പറയാതിരിക്കാൻ എന്തു വേണം എന്ന് ചിന്തിക്കരുത് ആ എന്നെ എന്നുള്ള ആ ഒരു സ്ഫുരണമുണ്ടല്ലോ ഒരു സ്പന്ദനം ആ സ്പന്ദനത്തിന് സ്പന്ദനത്തിനെ വിടാതെ ഗ്രഹിക്കുക എന്നെ എന്നെ എന്നെ എന്നെ ഞാൻ എന്നെ പറഞ്ഞു ഈ ഞാൻ എന്താണ് ഈ സ്പന്ദനം എവിടെ നിന്ന് പൊന്തുണു അതെവിടെ നിന്ന് ചലിക്കണു അതിങ്ങനെ നമ്മളെ ചകഞ്ഞുകൊണ്ടിരുന്നാൽ അത് എവിടെ ഉദിക്കുന്നുവോ അവിടെ അടങ്ങും അടങ്ങുമ്പോ മറ്റൊരു അഹം നമ്മള് ഉള്ളിൽ തോന്നും അത് അഹം സ്ഫൂർത്തി അവിടെയാണ് ഈ സ്രോതസ് ശാന്തി ആനന്ദാനുഭവം ചിദാനന്ദരൂപ ശിവവോഹം എന്ന് പറഞ്ഞു ആ ശിവോഹം ശിവരൂപമായിട്ടുള്ള അഹം സ്ഫൂർത്തിയായി തെളിഞ്ഞു ക്രമേണ അസൂർത്തിയും അടങ്ങും സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം അതൊക്കെ നമ്മൾ പിന്നീട് കാണാം ിദിവഹം ശിവോഹം എത്മാവസി മേവ തോ നമചിസ്തിയേട്ടം കൂരുമാത്മനം ഭയന് വാചാ മനസേന്ദ്രിവാ ബുദ്ധ്യാത്മന പ്രകൃതിസ്വഭാ ക യത് സകലം പരസ്മൈ നാരായണായ സമർപ്പമ